ഒരു വസ്തുവിനോടും തന്നെ അതിരുകടന്നിട്ടുള്ള പ്രീതി ഇല്ലാതായിട്ട് തീരും ഹൃദയത്തിൽ ഗോവിന്ദനെ കണ്ടെത്തിയാണ് ഇതര രാഗവിസ്മാരണം മറ്റു വിഷയങ്ങളോടുള്ള രാഗമൊക്കെ മറന്നു പോകുമെന്നാണ് ഗോപസ്തൻ മറന്നു പോകും വേണ്ടെന്ന് വെക്കല തനിയെ വിട്ട് ഉതിർന്നു പോകും ഇറ്റുപോകും വേവിച്ചു പോവും അപ്പോ ആദ്യത്തെ പടി വിത്തത്തിനെ പറഞ്ഞു രണ്ടാമത്തത് കാമത്തിനെ പറഞ്ഞു ഇത് രണ്ടും മനുഷ്യനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ധനത്തിനോടുള്ള മോഹം സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള മോഹം ഇത് രണ്ടും വിട്ടുപോയാൽ ധനം ഇതിനൊക്കെയാണ് യജ്ഞം ധനത്തിനെ യജിക്കാൻ യജ്ഞം രാജാക്കന്മാർ ധാരാളം സമ്പാദിച്ചാൽ എങ്കിലും യജ്ഞം ചെയ്തിട്ട് അധികമുള്ള ധനം മുഴുവൻ ലോകത്തിലേക്ക് കാമത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാനാണ് വിവാഹം അല്ലെങ്കിൽ വിവാഹം വേണ്ട വിവാഹത്തിനെ കുറിച്ചുള്ള മന്ത്രങ്ങളൊന്നും വേദത്തിൽ ഇല്ല എന്നാണ് എന്നുവെച്ചാൽ വിവാ മന്ത്രങ്ങൾ അഭിനവ് വിദ്യാതീർത്ഥസ്വാമികൾ ശ്രീകേരി ശങ്കരാചാര്യ സ്വാമികളോട് ഒരിക്കൽ ചോദിച്ചു വിവാഹത്തിനെ വേദത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ട് സ്വാമികൾ പറഞ്ഞു വിവാഹം കഴിക്കണമെന്നേ വേദത്തിൽ പറഞ്ഞിട്ടാണ് പിന്നെന്തിനാ വിവാഹം മനുഷ്യന്റെ സ്വയമേപ ഉള്ള സ്വരൂപം സാക്ഷാത്കൃതമാണ് ആത്മാനുഭവമാണ് പക്ഷെ അതിന് വിവാഹം ചെയ്ത് ഒരു പുരുഷനും സ്ത്രീയും തപസ്സിലിരിക്കാൻ നിയന്ത്രണമായ രൂപത്തിൽ തപസ്സിലിരിക്കാൻ രാഗദ്വേഷങ്ങൾ നീക്കാനും ക്രമേണ ശരീരത്തിനെ കടന്നു പോവാനും കാമത്തിനെ മെക്കാനിക്കലായിട്ടുള്ള ഒരു സാധന കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല പ്രേമം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല പ്രിയം ഏർപ്പെട്ടാൽ ആ പ്രിയം ഈ കാമം ക്രോധം ലോപം മോഹം എന്നൊക്കെ നമ്മൾ നിന്ദിക്കുന്ന ഈ വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ നമ്മളുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന ഭക്തി ഡിസ്ട്രോക്ടായിട്ട് വരണതാണ് എല്ലാവരുടെ ഉള്ളിലും ഭക്തി ഉണ്ട് പക്ഷെ ആ ഭക്തിയെ നമ്മൾ കണ്ടെത്താത്തത് കൊണ്ട് ഭക്തിയെ അന്വേഷിക്കുകയാണ് നമ്മൾ ഓരോ പദാർത്ഥങ്ങളിലും ഓരോവിനെയും പ്രയോഗിച്ചിട്ട് നമുക്ക് ഭക്തി കിട്ടുമോ എന്ന് നോക്കുകയാണ് എല്ലാ മനുഷ്യരും ആത്മാവനെയാണ് അന്വേഷിക്കുന്നത് ഇവിടെ ഒരുച്ചന് നീചനേ ഇല്ല ഒരു കള്ളൻ കക്കുന്നത് ആത്മസുഖത്തിനെ തെരഞ്ഞുകൊണ്ടാണ് ഒരാൾ കൊല ചെയ്യുന്നത് ആത്മസുഖത്തിനെ തെരഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രൂപത്തെ ആ വികാരത്തിനെ നമ്മൾ നിന്ദിക്കുന്നു ആ വികാരം തന്നെ ശുദ്ധമായാൽ ഭക്തിയായിട്ട് മാറും ഭക്തി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു വികാരമില്ല അതാണ് ഭാഗവതത്തിൽ പറഞ്ഞത് വെറുപ്പ് എന്നുള്ള വികാരമാണെങ്കിലും ഭഗവാന്റെ നേരെ തിരിഞ്ഞാൽ ഭക്തിയാകും കാമമാണെങ്കിലും ഭഗവാന്റെ നേരെ തിരിഞ്ഞാൽ ഭക്തിയാകും അസൂയയാണെങ്കിലും ഭഗവാന്റെ നേരെ തിരിഞ്ഞാൽ ഭക്തിയാണ് എന്താ ഭക്തി മാത്രമേ ഉള്ളൂ സിഗ്മൻ ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ ഉള്ളിൽ മുഴുവൻ കാമന കാമമാണെന്ന് വർണ്ണിച്ചു ഇന്നത്തെ സൈക്കോളജി മുഴുവൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് എവിടെ പോകും നമ്മൾ യഥാർത്ഥത്തിൽ കാമേയില്ല ആചാര്യസ്വാമികൾ പറയണു ആരുടെ ഉള്ളിലും കാമവുമില്ല ക്രോധവുമില്ല ലോകവുമില്ല മതവുമില്ല മോഹവുമില്ല മാത്സര്യവുമില്ല ഇതൊക്കെ സ്വപ്നത്തിൽ പലത് തോന്നുന്ന പോലെ നമ്മളുടെ ഉള്ളിലുള്ള ആത്മാനുഭവത്തിനെ നമ്മൾ കണ്ടെത്താത്തത് ഈ വികാരങ്ങളൊക്കെ പോലെ നമുക്ക് തോന്നുന്നു വാസ്തവത്തിൽ എല്ലാവരും പരമശുദ്ധന്മാരാണ് നിത്യമുക്തന്മാരാണ് ഈ വികാരങ്ങളിലൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ജയിക്കണം എന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരു ജന്മത്തിന് സാധ്യമല്ല ഇതിനെ അംഗീകരിക്കുകയരുത് ഈ വികാരങ്ങളൊന്നും മനുഷ്യനിലില്ല മനുഷ്യനിൽ ഒരേ ഒരു വികാരമേ ഉള്ളൂ ഭക്തി ഭക്തിയെ കണ്ടെത്താനുള്ള ശ്രമത്തില് അജ്ഞാനം കൊണ്ട് ഭക്തി തന്നെ പല വേഷം കെട്ടി വരുന്നു ഭക്തിയുടെ രുചി ഉള്ളിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ദുർവികാരങ്ങളൊക്കെ തന്നെ തനിയെ വിട്ടുപോകും അതുകൊണ്ടാണ് ഓരോ ശ്ലോകവും പറഞ്ഞിട്ട് ഗോവിന്ദം ഭജ മൂഢമതേ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ഭഗവത് ഭജനത്തിന്റെ രുചി അറിഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ തനിയെ വിട്ടുപോകും എന്തിനെ വിഷമിക്കണം ഭക്തിവ ആക്രമ്യമാണ ഭട്ടതിരി നാരായണീയത്തിൽ പറയുന്നു ഭക്തന് അല്പസ്വല്പം മറ്റ് പല വന്നാൽ പോലും പ്രബലമായ ഭക്തി അവനെ ആക്രമിച്ച് ബാക്കിയുള്ളതൊക്കെ വിഴിഞ്ഞുകളായിരുന്നു അപ്പോ ഭക്തിയെ ശുദ്ധം ചെയ്ത് കൊണ്ടുവരാനുള്ള ഉപസാധനകളാണ് ഈ വൈരാഗ്യങ്ങളൊക്കെ ഇവിടെ ഈ വൈരാഗ്യം വിഷയങ്ങളിൽ നീക്കം ആദ്യത്തെ പടി മനസ്സിനോടുള്ള ആസക്തി രണ്ടാമത്തെ പടി പരസ്പരം സ്ത്രീ പുരുഷന്മാർക്കുള്ള ആസക്തി മൂന്നാമത്തതായിട്ട് ലോക നമ്മളുടെ തലയ്ക്ക് കയറിയിരിക്കുന്നത് ലോകമാണ് സത്സംഗത്തിലേക്ക് പോകണം ഭാഗവതം നടക്കുന്നു ഭജഗോവിന്ദ പ്രഭാഷണം നടക്കുന്നു പോകണം എന്ത് ചെയ്യാം ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ അടുത്ത വീട്ടുകാരും ഒരു പാർട്ടി നടത്തുന്നു പോയിട്ടില്ലെങ്കിൽ ചെയ്യാവില്ല അതിൽ എന്തു വിചാരിക്കും ഇതാണ് ലോകേഷണം സത്സംഗത്തിലേക്ക് പോകണം എന്ന് തോന്നുമ്പോ പോലും ലോകേഷണം സന്ധ്യാവന്തരം പറഞ്ഞ ആരോ പാക്രത്തിൽ വന്നിരിക്കാം അവ വന്നവാ എന്നുപാ അവസനവാസന ലോകേഷ്ണേ മടിയിലിരുന്ന് പാല് കുടിക്കുന്ന കൃഷ്ണനെ ഇറക്കി വെച്ച് യശോദ വെൺ പാൽപാത്രം അടുപ്പിൽ വെച്ച് ഇറക്കി വെക്കാൻ പോയപ്പോ കൃഷ്ണൻ എന്ത് ചെയ്തു തൈരു കൊടം തല്ലി പൊട്ടിച്ച് എല്ലാം കേടുവരുത്തി ഈ ലീലയ്ക്ക് വ്യാഖ്യാനം ചെയ്യുമ്പോ ചില ഭക്തന്മാര് അർത്ഥം പറയുന്നത് ഭജനം ഭഗവത്ഭജനം ചെയ്യുമ്പോൾ ലൌകിക പ്രവർത്തിക്ക് എവിടെയെങ്കിലും പോയാൽ യശോദ അവിടെ പോയല്ലോ ആ പാൽ മുഴുവൻ പൊന്തി തീല് അത് ഭാഗവതകാലം പറഞ്ഞില്ല ഭക്തന്മാര് പറയാണ് ഭഗവത് ഭജനം ചെയ്യുമ്പോ ലൗകിക പ്രവൃത്തിക്ക് എണീറ്റ് പോയാൽ ആ ലൗകിക പ്രവൃത്തിയും കടുവരും ഇവിടുത്തെ ഭഗവത് ഭജനവും രണ്ടും പോവും അപ്പൊ എന്താ ലോകവാസന അല്ലെ ഈ കല്യാണവും കാതുകുത്തും എപ്പോഴും ഉണ്ടാവും എത്ര നാളേക്ക് ഇതൊക്കെല്ലാം പോയിട്ടിരിക്കോ വയസ്സാവുമ്പോ എന്ത് വേണോ അത്ര ആരെങ്കിലുമൊക്കെ വിളിക്കാൻ വരുമ്പോ അവരോട് ധൈര്യമായിട്ട് പറയാം നിങ്ങൾ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് സൗഖ്യമായിട്ടിരിക്കും നിങ്ങൾക്കൊക്കെ നമസ്കാരം ഞങ്ങൾ അവിടെ വരുന്നതിനേക്കാളും ഞങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോളാം നിങ്ങൾ നന്നായിരിക്കണം അപ്പൊ ഞങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകും അതുകൊണ്ട് നല്ലവണ്ണം നിങ്ങളൊക്കെ സൗഖ്യമായിട്ടിരിക്കണം ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം നിങ്ങൾക്കൊക്കെ സൗഖ്യം ഉണ്ടാവണം നന്മയുണ്ടാവണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ വയസ്സായി കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പ്രവൃത്തിയാണ് ഇതിലേക്കൊന്നും പോവാനുള്ള അനുമതിയില്ല എന്ന് പറയുകയാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കില്ല നല്ല മനുഷ്യരാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കില്ല മാത്രമല്ല ഈ വിളിച്ചിട്ട് പോകുന്നവർക്ക് വായ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരാതെയായത് ശരിയായില്ലാട്ടോ എന്ന് വായകൊണ്ട് പറയും പക്ഷെ പോകുമ്പോൾ ദേ ആർ കാരിയിങ് ആൻ ഐഡിയൽ വിത്ത് അവർക്ക് ഉള്ളിൽ തോന്നും നമ്മളും ഒരു കാലത്ത് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെയുള്ളവർ ഈ കാലത്ത് ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ഇതിലൊക്കെ ഒരു അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നു അതിന് ഇവരൊരു ആദർശം നമുക്ക് കാണിച്ചു തോന്നും ഇന്ന് ആശ്ചര്യം സന്യാസികൾ പോലും കല്യാണത്തിൽ പോയിക്കൊണ്ടിരിക്കുക എന്തൊരു കഷ്ടമാ നമുക്ക് എന്താ അവരുടെ ഭക്തൻ അദ്ദേഹമാണ് ആശ്രമത്തിന് ഡൊണേഷൻ കൊടുക്കുന്നത് പോയിട്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും കുറ്റം പറയും അപ്പോ ഈ ഇതൊന്നും അവസാനിക്കുകയില്ലേ ഈ ലോകവാസന അവസാനിക്കുകയില്ല പല വിശേഷങ്ങള് പല വിധത്തിലുള്ള ബന്ധങ്ങള് ഇതൊക്കെ എന്ന അവസാനിച്ചിട്ട് നമ്മൾ ഭഗവാനെ ഭജിക്കും അത്യാവശ്യം വേണ്ടന്നല്ല അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായാൽ പോലും ഇതിനൊരു അതിരുവരമ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു വയസ്സ് ഇത് ഒരു ഒരു വയസ്സെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഒരു വയസ്സായി കഴിയുമ്പോ ധൈര്യം ഉണ്ടാക്കിക്കൊള്ളണം ഈ ലോകവാസനയെ ജയിക്കാനായിട്ട് യാതൊന്നും ബാക്കിയ പ്രവർത്തനങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ ഒരു വയസ്സ് ചെറുപ്പക്കാരോടൊന്നും പറയണില്ല ചെറുപ്പക്കാരാണെങ്കിലും ഭഗവത് ഭജനം ജീവിതത്തിന് ലക്ഷ്യം എന്ന് വ്രതമെടുക്കുകയാണെങ്കിൽ ഇത് വേണം ചെറുപ്പക്കാരാണെങ്കിലും പ്രത്യേകിച്ച് ബ്രഹ്മചാരികളാണോ അല്ലെങ്കിൽ ജീവിതധർമ്മം ഭഗവാനെ ഭജിക്കലാണെന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് വേണം ലോക ലോകേഷനയെ മാറ്റിവെക്കുക ലോകത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ള കൺസേണേ പടല എന്താന്ന് വെച്ചാൽ മനസ്സ് അതിലേക്ക് പോകും ലോകം എങ്ങനെ പോണല്ലോ ലോകം ലോകം ഇങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും വിവേകാനന്ദ സ്വാമികൾ ഇത്രയൊക്കെ പ്രസംഗം ചെയ്ത് അവസാനം അദ്ദേഹം പറഞ്ഞു ഈ ലോകം നായട വാലുപോലെയാണ് നിങ്ങൾ നിവൃത്തി അത് വീണ്ടും വളയും എന്തിനാ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് നിവരില്ല എന്ന് മനസ്സിലാവും വിട്ടുക പിന്നാലെ വരുന്നവർക്ക് വാ അവ പ്രവർത്തിച്ചു അപ്പോ ലോകവാസന പല രൂപം കൊണ്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കും ഒന്ന് ഈ ബന്ധുക്കളുടെ രൂപത്തിലും ബന്ധങ്ങളുടെ രൂപത്തിലും അവരോടുള്ള നമ്മളുടെ ചുമതലയും കടപ്പാടുകളും അല്ലെ എന്തൊക്കെയാ ഭാവങ്ങൾ ഗൃഹസ്ഥന്മാർക്ക് വലിയ ഭാവമാണ് നമുക്ക് നമ്മളില്ലെങ്കിൽ കുടുംബത്തിലെ കാര്യമൊക്കെ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് കോൺസ്റ്റന്റ് ഇന്റർഫിയറൻസ് വിത്ത് ഓൾ പീപ്പിൾസ് എല്ല കാര്യത്തിലും ഇടപെട്ട് അവരെയും വിഷമിപ്പിക്കും നമ്മളും വിഷമിക്കും അതുകൊണ്ട് ഒരു വഴി എന്താന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോ ഈ കർത്തൃത്വബോധം പോണമെങ്കിൽ ഒന്ന് നടക്കണം തീർത്ഥയാത്രയൊക്കെ പോവാ ആരോടും പറയാതെ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ കുറെ പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് പോയിട്ട് വന്നാൽ വീട്ടിലുള്ളവര് വിചാരിക്കും ഇതന്നെ ഇതിങ്ങനെ പോകും പിന്നെ ഒരു ഗുണം നമുക്കൊരു ഗുണം എന്താന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കണോ അപ്പൊ നമ്മളില്ലെങ്കിലും നടക്കും നമ്മളാണിവിടെ കുഴപ്പക്കാരൻ നമ്മളില്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കണമെന്ന് മനസ്സിലാവും ചുമതല മുഴുവൻ നമ്മളാണോ വഹിക്കണത് എന്നൊരു ഭാവമേ നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊരു ഭാവം ലോകവാസന ലോകേഷണ അത് വളരെ അതേപോലെ ജീവിതം ശാശ്വതമാണെന്ന് ധരിച്ചിട്ടാണ് നമ്മളിവിടെ ബന്ധം സ്ഥാപിക്കലും ഓരോ നേറ്റെടുക്കലും ഒക്കെ ഈ ജീവിതം എത്ര കണ്ടുണ്ട് അതാണ് ആചാര്യസ്വാമികൾ അടുത്ത ശ്ലോകത്തിൽ ചൊല്ലണത് നളിനീത ജലം അതിതരളം തദ്വത് ജീവിതം അതിശയ ചലം വിധിവ്യാധി അഭിമാനഗ്രസ്തം ോകം ശോകഹതം ച സമസ്തം ഭജഗോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ നളിനീതളകലം അതിതരളം നല്ല താമരയില താമരയിലെ വീണ് കിടക്കുന്ന വെള്ളം അതിങ്ങനെ പറ്റും പറ്റാതെ നിൽക്കും ഈറണൊന്നും ഉണ്ടാവില്ല വെള്ളം അതിൽ നിന്ന് തട്ടിക്കളഞ്ഞു അതുപോലെ ജീവിതം കുറച്ച് നേരത്തെ നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തുളുമ്പിച്ച ഓട്ടിലേക്ക് വരും നളിനീതളക ജലമതി തരളം ഇതിൽ രണ്ട് തത്വം ഒന്ന് നമ്മളുടെ ജീവിതത്തിൽ ഓരോ അനുഭവത്തിനും നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെ സ്പർശിക്കാൻ സാധ്യമല്ല ഇതാണ് മുഖ്യമായ തത്വം ജീവിതത്തിൽ പല അനുഭവങ്ങളും സ്ക്രീനിൽ സിനിമ നടക്കണ പോലെ നടക്കണം സ്ക്രീനിൽ യുദ്ധമുണ്ടാവും സ്ക്രീനിൽ വിവാഹമുണ്ടാവും സ്ക്രീനിൽ മരണമുണ്ടാവും സ്ക്രീനിൽ തീപിടുത്തമുണ്ടാവും മഴ ഉണ്ടാവും പക്ഷേ സ്ക്രീൻ നനയില്ല സ്ക്രീൻ തീപിടിക്കില്ല യുദ്ധം നടന്നതുകൊണ്ട് സ്ക്രീൻ കീറില്ല आंोष स्को स्ीन याद बाधा नमार्थ स्वरूप काम क्रोधम लोकमो मत आत् कलुष संसार जीत कोल बाधिक पड़ने स्वरूप नितशुद्ध बुद्धमुक्त स्वभाव स्पर्शहन नलिनीत ആ ജലകണിക അതിനെ സ്പർശിക്കാതെ നിൽക്കുന്ന പോലെ ജീവിതത്തിലുള്ള സകല അനുഭവങ്ങളും ആത്മാവിനെ സ്പർശിക്കാതെ നിന്നിട്ട് തുളുമ്പിപ്പോ കുറച്ചു നേരം നിൽക്കും അടുത്ത നേരമില്ല പക്ഷെ ഞാൻ എപ്പോഴും യാതൊരു ബാധയുമില്ലാതെ ശുദ്ധശിവം സച്ചിദാനന്ദമയമായ വസ്തു അബാധിതമായിട്ട് നിൽക്കും നളിനീതലഗത ജലമതി തരളം തദ്വത്തി ജീവിതം അതിശയ ചപലം ഇവിടെ പറഞ്ഞു ഈ ജീവിതം അതിശയമായ സബലം എന്ന് എന്താന്ന് വെച്ചാൽ ഈ ക്ഷണം കൊണ്ട് അടുത്ത ക്ഷണമില്ല ഈ സുനാമി ബാധിച്ചവർ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ എവിടെ പോയി സമുദ്രം ഒരു ക്ഷണ നേരത്തിനെല്ലാം കൊണ്ടുപോയി ഗുജറാത്തിൽ ഭൂകമ്പം വന്ന എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ഇട്ട് ഇട്ട് ഇട്ട് ഇട്ട് പോയി എത്ര നേരം ഇതൊക്കെ പ്രകൃതി നമുക്ക് അതിന്റെ എത്ര രുദ്ര ദക്ഷിണം മുഖം ഭഗവാന്റെ മറ്റൊരു മുഖം അത്ര അർജുനൻ കൃഷ്ണൻ തിരിച്ച് തിരിച്ചു കൃഷ്ണനെ കണ്ടു മറ്റൊരു കൃഷ്ണനെയും കണ്ടു വിശ്വരൂപ ദർശനത്തിൽ വേറെ പോയി അർജുനൻ ആഖ്യാഹി വേഗോ ഭവാൻ ഉഗ്രൂപ നമോസ്തുവപദ പ്രസീത വിജ്ഞാതമിന്തമാദ്യം നി പ്രജാമി തമ പ്രവൃത്തി ീതഭീത പ്രണം യാദം പേടിച്ചു വരച്ച് വരണ്ടുപോയി ഉഗ്രൂപ ഭഗവാനെ ഉഗ്രമായിട്ടുള്ള ഈ രൂപം എന്താ ആ ഉഗ്രരൂപം കാണുമ്പോ വരണ്ടുപോകും ഏത് ധൈര്യശാലിയും വരണ്ടുപോകും അതൊരു മറ്റൊരു മുഖം അതെന്ത് പഠിപ്പിക്കണോ നമ്മളെ ഇവിടെ ഉള്ളത് മുഴുവൻ അശാശ്വതമാണെന്ന് പഠിപ്പിക്കും അതുകൊണ്ടാണല്ലോ ബുദ്ധൻ പേടിച്ചു പോയത് അല്ലേ മൂന്ന് കൊട്ടാരമായിരുന്നു അത്രേ സിദ്ധാർത്ഥന തണുപ്പ് വ്യാധിഗ്രസ്തനായ ഒരാളെ കണ്ടു തേരോടിക്കുന്ന ആളോട് ചോദിച്ചു എന്താ ഇത് സാധാരണ തലത്തിൽ ആ തേരോട്ടി പറയില്ല രാജാവ് ചട്ടം കിട്ടിയിരിക്കുക രാജകുമാരനെ ഇതൊന്നും കാണിക്കരുത് പക്ഷേ ബൗദ്ധ ചരിത്രം പറയുന്നത് ഈ തേരോട്ടിയുടെ ഉള്ളിലേക്ക് സിദ്ധന്മാര് പ്രവേശിച്ചു എന്നാണ് എന്നാലേ പറയാന് പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തണം എന്ന് ഈ കണ്ടപ്പോ വ്യാധിഗ്രസ്തനായ ഒരാളെ കണ്ടപ്പോ ഇത് എന്താ അത് പേരോട്ടി പറഞ്ഞു ഇതാണ് വ്യാധി അങ്ങനെ വെച്ചാൽ അങ്ങനെ വെച്ചാൽ ഇപ്പൊ ശരീരമൊക്കെ നല്ലവണ്ണം ഉണ്ടല്ലോ ബലമായിട്ടുണ്ടല്ലോ പതുക്കെ പതുക്കെ കേടുവരും എന്തെങ്കിലുമൊക്കെ വരും ചിലപ്പോ യാതൊരു വിധത്തിലും കണ്ടുപിടിക്കാത്ത വ്യാധിയൊക്കെ വരാം വൈഷമ്യങ്ങൾ വരാം അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ അല്ല അങ്ങയ്ക്കും ഉണ്ട് എനിക്കും ഉണ്ടോ ആദ്യത്തെ പേടി യശോധരയ്ക്ക് വരുമോ ഭാര്യയ്ക്ക് അവർക്കും വരും രണ്ടാമത്തെ പേടി തനിക്ക് വരും എന്നുള്ള പേടി താൻ തന്റെ ആൾക്ക് വരും എന്ന് പറയുമ്പോ അവിടെ ഒരു ഭയം വ്യാധി ആദ്യത്തെ ഭയം ഴിഞ്ഞപ്പോ ജരാ വ്യാധിയെങ്കിലും ആർക്കെങ്കിലും വരും വരാതിരിക്കാം കൊട്ടാരത്തിലെ വൈദ്യന്മാരുണ്ട് ഒരു ചികിത്സയില്ലാത്ത മറ്റൊരു വ്യാധി മുമ്പിൽ കണ്ടു തലയൊക്കെ നരച്ചു പോകുന്നു ശരീരം അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോണ്ഠം താധക്യം എന്നിട്ടും ആശാപിണ്ഡം എന്നാണ് ആചാര്യസ്വാമികൾക്ക് ഒരു തമാശ തോന്നി തോന്നുന്നു ഈ ശ്ലോകത്തിൽ അംഗം ഗളിതം കയ്യും കാലുമൊക്കെ സ്ക്രൂവ് നട്ട് ബോൾട്ടും ഒക്കെ ലൂസായി അംഗം ഗളിതം ഫലിതം തലമുടികള് നരച്ചു മുണ്ടം കഷണ്ടിയായി ദശനവിഹീനം ജാതം തുണ്ടം വായയ്ക്ക് ആസ്യം എന്ന് പറയാം അതിന് പകരം തുണ്ടം എന്ന് പറഞ്ഞു ഒരു മാംസ കീറ് എന്താന്ന് വെച്ചാൽ ഒരു പ്രയോജനത്തിനും ഉപയോഗപ്പെട്ടിട്ടില്ല നല്ല വാക്കൊന്നും ചൊല്ലിയിട്ടില്ല രാമം ജപിച്ചിട്ടില്ല ശാസ്ത്രം പഠിച്ചിട്ടില്ല ദശനവിഹീനം വായു ഉള്ള പല്ലൊക്കെ പോയി എന്താ സദാസമയം അരയ്ക്കൽ അരയ്ക്കല്ല അരയ്ക്കൽ തന്നെയായിരുന്നു പണിയെ ഹീനം ജാതം തുണ്ടം പോടക്കാ പെൻഷൻ വാങ്ങാൻ കടപിനെ മുൻജതി ആശാ പിണ്ഡം എന്നാണ് ആ സമയത്തും ആശയാകുന്ന പിണ്ഡം വിട്ടു പോകുന്നില്ല അഹോ കഷ്ടം എത്ര വയസ്സായാലും പോകില്ല നമ്മളായിട്ട് കോൺഷ്യസ് ആയിട്ട് വിത്ത് എ വോളന്ററി എഫേർട്ട് സ്വയമേവ ചിന്തിച്ച് ഉറപ്പിച്ച് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ വാസനകളോ ദൗർബല്യങ്ങളോ ഒന്നും തന്നെ മാറിക്കിട്ടില്ല ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കാം ഭഗവാൻ പറയുകയാണെങ്കിൽ ഞാൻ ആരുടെയും കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുക ഓരോരുത്തരായി തീരുമാനിച്ച് അവരവർ തന്നെ നീക്കിക്കോളണം സ്വയം അവനവനെ ഹിതം ചിന്തിച്ച് അവനവനെ രക്ഷിച്ചോളണം വാർദ്ധക്യം വരുന്നു ഇവിടേതാ ബുദ്ധൻ പറഞ്ഞു ജരാ വ്യാധി രണ്ടാമത്തത് വാർദ്ധക്യം ഇതെനിക്കും വരും എനിക്ക് ഞാൻ ആശ്രയിച്ചിരിക്കുന്നവർക്കൊക്കെ വരും അടുത്തത് വരണം ആ എല്ലാവർക്കും മുമ്പിലുള്ള ഒരു പരമാർത്ഥം അല്ലെ ഉറപ്പിച്ചു പറയാവുന്ന ഒരേ കാര്യം ജീവിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചു പറയാവുന്ന ഒരേറ്റ കാര്യമേ ഉള്ളൂ മരിച്ചു പോവും വേറെ പറയാൻ വയ്യ ചത്തു പോകുന്നു പാവം ശിവശിവ അത് ഉറപ്പിച്ചു പറയാം അത് മുമ്പിൽ ഇങ്ങനെ പ്രഹസനം ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്നാണ് ജരാ വ്യാധി മരണം സംയോഗ ദുഃഖം ഇതൊക്കെ മുമ്പിൽ കണ്ട ആൾ വരണ്ടുപോയി ബുദ്ധനോട് ചോദിച്ചു എന്തിനു ഉപേക്ഷിച്ചു ചോദിച്ചു പോയി എതിജന്മ ജരാ മരണം ഭവേത് എതിഷ്ടവിയോഗ ഭയം ന ഭവേത് ഇതിനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ദുഃഖം എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നമ്മളെ വിട്ടു ഉപേക്ഷിച്ചു പോകുന്നത് കൺമുമ്പില് കാണേണ്ടി വരുന്ന ദുഃഖം എതിച്ച ഇഷ്ടവിയോഗ ഭയം നവേത് ഇത് സർവമനിത്യമിതം നവേത് ഇഹ ജന്മനി കശ്യർന്ന ഭവേത് ഇതൊക്കെ അനിത്യം ഞാൻ സുഖമായിട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ നിവൃത്തിയില്ലല്ലോ എല്ലാം ഒരു യോഗിയും പക്ഷുമായ ഒരാൾ രഹസ്യ മുന്നിൽ വന്നു എന്നിട്ട് ആ രഹസ്യോട് പറഞ്ഞു നിങ്ങൾക്ക് നല്ല പക്വത കൊണ്ട് വയസ്സായി കഴിഞ്ഞു നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ട് നിങ്ങളെ എന്റെ കൂടെ പശ്ചാത്ത ആ രഹസ്യം വന്ന അസുഖം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങളും ഉദ്ദേഹങ്ങളും ഇവരൊക്കെ എന്നെ ആശ്രയിക്കാം അതിന് നിങ്ങളുടെ യോഗി ജനം താങ്കൾ ഗുളിയാവിന്റെ അപ്പൊ തൽക്കാലത്തേക്ക് മരിച്ച പോലെ ശരീരത്തിന്റെ പ്രവൃത്തികളൊക്കെ എല്ലാം കേൾക്കും കുറച്ച് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാം പക്ഷെ താങ്കൾ മരിച്ചു എന്ന ആളുകൾ ധരിക്കും അതുപോലെ ഒരു ഇയാളുടെ നാവില് വയ്ക്കാനായിട്ട് കൊടുത്തു എന്നിട്ട് ഈ യോഗി പോയി ഇദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് ഈ യോഗി കൊടുത്ത ഗുളിക നാവിന് വെച്ചു അടുത്ത ക്ഷണം മരിച്ച പോലെ ഭാര്യ ഒരു വശത്ത് തടയ്ക്കടിച്ച് മക്കൾ കരയുന്നു അമ്മ കരയുന്നു വേസായ അമ്മയുടെ കഴിയുന്നു എല്ലാം കൂടെ കണ്ടു ഇദ്ദേഹം ഇങ്ങനെ മനസ്സിൽ എപ്പോഴെങ്കിലും ഈ യോഗിക്ക് മനസ്സിലാവുമല്ലോ ഇതിലൊക്കെ എന്നെ എത്ര കണ്ട് ഇഷ്ടപ്പെടും ഭാര്യ പറയേണ്ടത് എന്നെ കൊണ്ടുപോകാതിരുന്നല്ലോ അമ്മ പറയുന്നു ഞാൻ ഇത്ര വയസ്സായിട്ട് ഉക്കാൻ നിന്നിരിക്കെ പഴുകഴതിയ ഉക്കാൻ നിന്നിരിക്കുക എന്നെ ബുദ്ധിമുട്ട് പോയിട്ടാണ് പഴയകാലത്തിലെമെയ്ഡാ പാട്ടേ വെച്ചിട്ടുണ്ടോ സമയത്തുള്ള പാട്ട് ഇങ്ങനെ നിലവിളിച്ചപ്പോ ഈ യോഗി അവിടെ വന്നു യോഗി അവിടെ വന്നിട്ട് ആ യോഗി പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനെ ജീവിപ്പിക്കാൻ പറ്റും നിങ്ങൾ ഇത്രയധികം ദുഃഖിക്കുന്നുണ്ടല്ലോ ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരാളുടെ ആയിട്ട് തന്നാൽ അയാളെ എണ്ണീപ്പിക്കാം ശബ്ദമേ ബുദ്ധ്ശി എവിടെയാ ചോദിച്ചാൽ ബാത്റൂമിലേക്ക് ഭാര്യയോട് ചോദിച്ചപ്പോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഈ കുട്ടികളെ ആരും നോക്കും ബുദ്ധശ്ശി കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോ കൊണ്ടുവന്നു അതിന്റെ ജാതകത്തിന് മുമ്പേ നീ എന്ത് ചെയ്യാൻ പറ്റും കവിതവ്യം ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ ഒരൊറ്റ ആള് സമ്മതിച്ചില്ല എന്നാണ് പലതും പറഞ്ഞിട്ട് ആരും തയ്യാറായില്ല അവസാന ആ യോഗി അയാളെ എഴുതിപ്പിച്ചു ഇത്രേ അയാളുടെ കൂടെ നടന്നൂന്നാണ് ഇതാണ് ലോകം ഇവിടെ കൂലിയല്ല വിറക്കുന്ന നേരത്തും കൂലിയല്ല മരിക്കുന്ന നേരത്തും എല്ലാം മരണം എപ്പോ വരും നമുക്കൊന്നും ഇവിടെ ശാശ്വതമായിട്ടൊന്നും ചെയ്യുന്നവരെ മൃത്യു കാത്തു നിൽക്കുകയില്ല മൃത്യു വന്ന് ബാധിച്ചു കഴിഞ്ഞാലും ഈ ശരീരത്തിനെ ഒട്ടാരും വില വയ്ക്കുകയില്ല അപ്പൊ ശരീരത്തിന് ഇപ്പം കിട്ടുന്ന വിലയൊക്കെ ഉണ്ടല്ലോ ഉള്ളിലുള്ള ആളുകൾ ഉള്ള നമ്മുടെ ദേഹത്തിലാണെന്ന് ധരിക്കും ജഗന്നാഥപുരിയിൽ ജഗന്നാഥന്റെ തേര് വരുമ്പോ മുമ്പിൽ ചൊക്കിളിപ്പട്ടി നായ നടക്കേണ്ടായിരുന്നൊക്കെ ആളുകളൊക്കെ വീണു വീണു വീണു നമസ്കരിക്കുന്നു ഈ നായ് വേണ്ടിക്കുക ഞാൻ ഇത്ര വലിയ ഇപ്പോഴാണ് മനസ്സിലായി ജഗന്നാഥനെ നമസ്കരിക്കണമെന്ന് അങ്ങനറിയാത്ത നായ അടുത്ത ദിവസവും ആ തെരുവിലൂടെ അതേ കമ്മികളുകൂടെ നടത്തേ ആളുകളും നാലു പേര് കല്ലെടുത്ത് അപ്പോ ഇതുപോലെ ജഗന്നാഥനുള്ള നമസ്കാരം ഈ നായെ തനിക്കാണെന്ന് ധരിച്ച പോലെ ഉള്ളിലുള്ള ആത്മാവിനുള്ളതാണ് അത് ശരീരത്തിനാണെന്നൊരു ഭാവം ഈ ശരീരം ആത്മാവ് ഉള്ളുന്നു പോയാൽ മാംസപിണ്ടം പട്ടണത്തെ സ്വാമികൾ ഒരു വീട്ടിൽ വിക്ഷെടുക്കാൻ പോയി ഒരു ചെട്ടിയാകും ലീയോ കടക്കാതെ അയാൾക്ക് സന്യാസികൾ എന്ന് പറഞ്ഞ വെളുപ്പർ വെറുപ്പെട്ടിയാല് മുമ്പിൽ ഒരു ചൂട് ഇരിക്കുന്നുണ്ട് രണ്ട് വാലിക്കാരെ രണ്ട് വഷത്തിൽ അയാളുടെ കൊടവയൽ തൊപ്പ് പാലിഷ് പണി രണ്ട് പേര് രണ്ട് പക്കം പൊപ്പ രണ്ട് പക്കം ഉണ്ട് എണ്ണ പോട്ടിട്ട് സോമ ഉണ്ട് പട്ടണത്തെ സ്വാമികളെ പാട്ട് ഇറച്ചു പോയി ഈപ്പിട്ട അവരെ പാട്ട് പരിഹാസം പണക്കാരനോ മുത്തു വ്യാപാരമണി തരുക്കാരനാ നടക്കറിയാ എവിടെ സൗഖ്യമാറ്റണക്കാരെട്ടിയാരേ തൊപ്പനതക്ക ശെട്ടിയാൽ വന്ന് തൊപ്പയായി തനോട് പോയി നനച്ചിട്ടുണ്ട് കാരണം നായി അരി കഴുകി അടിക്കടി എട്ടി എട്ടി പാത്തിട്ട് പോണെങ്കിൽ എപ്പത്താ മണ്ടെ പോട പോയാലോ ആള് തന കഴിഞ്ഞാൽ നമുക്ക് നല്ല സാപ്പാട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്തു വലിയോ കുറവായോ എത്ര മാംസം എത്ര കിട്ടും അപ്പൊ ഈ ശരീരം എന്താണ് ഭാഗവതത്തിലെ വിധിക്ക് കഷ്യപ്പനോട് മോഹം ഏർപ്പെട്ടപ്പോ സന്ധ്യാസമയം സശിപ്രജാപതി വിധിയോട് പറയുന്നു അതാ ഒരാൾ പോകുന്നു നോക്കൂ സന്ധ്യാകാലത്ത് മേല മുഴുവൻ ശ്മശാനത്തിനെ ഭൂതി പൂശി രുദ്രാക്ഷമാല ധരിച്ച് സർപ്പങ്ങൾ മേലെ എഴുന്നുകൊണ്ട് ജടവാരി ജട വിരിച്ചിട്ടുകൊണ്ട് ഋഷഭാരൂടനായിട്ട് ഒരാൾ പോകുന്നു നോക്കൂ അദ്ദേഹം തന്നെ പരിഹസിക്കാം അഹോ വിഭൂന്ന ചരിതം വിടംബനം ഏതൊരു പ്രഭു സർവാതിശയനോ സർവാതരിയാമയോ എല്ലാത്തിനും അതീതനോ സ്വർണമയ ശരീരത്തോടുകൂടിയവനോ അങ്ങനെയുള്ള പ്രഭു ശ്മശാനുഭൂതി പൂജിയിട്ട് ആലത്തോല് കൃത്യവാസസ് ആയിട്ട് കൃത്യവാസത്തിനാകി കൃത്യവാസസായിട്ട് ആലത്തോല് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ പരിഹസിക്കാത്തേ നമ്മള് രാവിലെ എണീറ്റാൽ സാന്റിട്ട് സൂട്ടിട്ട് ഏഹ് ഒരു അരമണിക്കൂർ കണ്ണാടി വിനാതെ നിന്നില്ല പോയേ മാറ്റാം അന്നത്തെ കുഞ്ചെന്ന് വെച്ചാൽ അഴകു പനി പനി പനി പനി പനി ഷേവ് പനി ഷേവ് ചെയ്ത് അതിനെന്തൊക്കെ ബ്യൂട്ടി പാർലർ പുരുഷന്മാർക്കും ഇല്ലത്തെ പുരുഷന്മാർക്ക് ഇത്രയൊക്കെ ബ്യൂട്ടി ഉണ്ടെന്ന് പറയാൻ മനസ്സിലായി എത്ര പണിയും അലങ്കാരങ്ങളും ആണാണോ പെണ്ണാണോ എന്ന് കണ്ടാ അറിയില്ലേ അവസാനം വേഷം കെട്ടി കെട്ടി കെട്ടി അത് അതിനെ കണ്ടിട്ട് പരമശിവൻ പരിഹസിക്കുകയാണെന്നാണ് കർത്ത പറയുന്നത് പരമശിവൻ എന്ത് പരിഹസിക്കുന്നു എന്ന് വെച്ചാൽ സ്വഭോജനം ആത്മസയോപലാളിതം നായിക്കുള്ള തീച്ചയെ ആത്മാവെന്ന് കരുതി നടത്തുന്നത് നായ കടിച്ചു വരിക്കാൻ ഈ ശരീരത്തിനെ താനിന്ന് അഭിമാനിക്കണമല്ലോ കഷ്ടം എത്ര നാറ് പോകുന്ന ശരീരം എത്ര കാലത്തേക്ക് മെസ്സും എത്ര സുന്ദരമായ ശരീരമായാലെന്താ നാറ് കുളിച്ചിട്ടിളങ്ങി നാറ് സൗന്ദര്യമൊക്കെ ദൂരത്തും ആത്മതയോപരാളി തന്നെ അപ്പോ ഈ മാംസപ്പിണ്ടമായ ശരീരത്തിനൊരു മഹത്വമൊന്നുമില്ല അതിനിപ്പൊ വല്ല മഹത്വം ഉണ്ടെങ്കിൽ അതിനകത്തുള്ള സത്തയുടെ മഹത്വം ആ ദേഹം നിർമയവതി ജനാത്മകം ജടമായി ഈ ദേഹത്തില് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് മറ്റൊരു വസ്തു സ്മുരിക്കുന്നു ബോധം ആ ബോധത്തിന് ദേഹമായിട്ട് സ്പർശമേ അത് സ്പർശിക്കാതെ നിത്യശുദ്ധമായ വസ്തു ശ്രീ സാക്ഷാത് പരമേശ്വരൻ നമ്മളിലോട്ട ഹൃദയത്തില് ഞാൻ ഞാൻ ഞാൻ എന്ന് ചിദംബര നടണം ചെയ്തു അപ്പൊ ഈ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഈ സ്ഫൂർത്തി സ്ഫുരണം അതെന്താണ് അത് ദേഹമല്ല അതിന്റെ സ്വഭാവം എന്താ അതെന്താണ് ഈ ഞാൻ എന്താണ് ഞാൻ ആരാണ് കോഹം ഈ ദേഹം നാഹം ദേഹം ഞാനല്ല കോഹം പിന്നെ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നുണ്ടല്ലോ അതിന്റെ സ്വരൂപം എന്താണ് കൈ മുറിഞ്ഞു പോയിട്ടുകൊണ്ട് ഞാൻ എന്നുള്ളത് അനുഭവം നഷ്ടപ്പെടുന്നില്ല കയ്യില്ലാത്ത എത്രയോ പേരുണ്ട് ഒരു കാലത്തെങ്കിലും ഞാൻ എന്നുള്ള അനുഭവം നഷ്ടമാവുന്നുണ്ടോ കാലില്ലാത്തതുകൊണ്ട് ഞാൻ എന്നുള്ള അനുഭവം നഷ്ടമാവുന്നുണ്ടോ ഇനി കുറെ കാലം കഴിഞ്ഞാൽ തലയൊക്കെ മാറ്റിവെക്കും ഹാർട്ടൊക്കെ മാറ്റിവെക്കുന്ന പോലെ സാധ്യമാണെന്ന് ഭാഗവതത്തിലൊക്കെ ദക്ഷന്റെ തലയൊക്കെ മാറ്റിവെച്ച കഥ ഉണ്ടല്ലോ അതൊക്കെ സാധ്യമാണെന്ന് ഇന്ന് സയൻസ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പരീക്ഷിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞത്ര അപ്പൊ നമുക്ക് നമ്മുടെ തല ഇഷ്ടം അല്ലെങ്കിൽ വേറെയൊക്കെ അപ്പോ അത്യാവശ്യം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ തല വാങ്ങി വയ്ക്കാം തല അന തലയും ഞാനല്ല കയ്യ് കാല് തല ഇതൊക്കെ മാറ്റിവെക്കും ഹൃദയം ശസ്ത്രക്രിയ ചെയ്യുമ്പോ ഹൃദയത്തിലെ കുറച്ചു നേരം നിർത്തുന്നു മരിച്ചു പോയിട്ടൊന്നും ജീവിച്ചില്ല അവരോട് ചോദിച്ചാൽ ഉറങ്ങിയ പോലെ ലൈഫവും പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹൃദയത്തിലെ വീണ്ടും ഇറക്കിവിടും അപ്പോ ഞാൻ ശരീരം തെ ഒരു ഭാഗവുമായിട്ടും സ്പർശമില്ലാതെ നിൽക്കുന്ന ബോധവസ്തുവാണ് ഞാൻ കോൺഷ്യസ്നസ് അവബോധം ഈ അവബോധം ദേഹത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കും അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വഭാവം എന്താണ് സ്വരൂപം എന്താണ് നിരന്തരം ശ്രദ്ധയെ ഈ ഞാൻ എന്ന അനുഭവത്തിലേക്ക് തിരിച്ചുവിടാം മനസ്സുമല്ലാതെ ജാഗ്രത അവസ്ഥയിലെ ശരീരമുണ്ട് മനസ്സ് പ്രവർത്തിക്കും ഞാനുണ്ട് സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല മനസ്സ് അനേക നാമരൂപങ്ങളെ പൊതിച്ചുകൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നു എന്തൊക്കെയോ കാണുന്നു സ്വപ്നത്തിലെ യസ് സുപ്തേഷു ജാഗൃത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഹം തതേവ ശുക്രം തദ് തതേവ അമൃതമുച്ചത്തെ തൻ ലോകാ ശ്രിത സർവേ തതുണ അത്യേതികസ് ഏതദ്വൈ തത് നജികേതസ് നതികേതസ്സിനോട് യവൻ പറഞ്ഞു കുഞ്ഞേ ശരീരം ജടം പോലെ കിടക്കുമ്പോഴും ഉള്ളില് മനസ്സിനെ പൊന്തിച്ചുകൊണ്ടുവന്ന് അനേക ചിത്രങ്ങൾ കാണിക്കുന്നത് ആര് അനേക നാമരൂപങ്ങൾ പൊന്തിച്ചു കൊണ്ടുവന്ന് ആര് കാണുന്നു ഉള്ളിലിരുന്നു ആ കാണുന്നവനാരനെ കണ്ടെത്ത അവനിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നുണ്ട് അവനുള്ളതുകൊണ്ടാണ് പ്രപഞ്ച ദർശനം നടക്കുന്നത് അപ്പൊ സ്വപ്നത്തിലും മനസ്സുമുണ്ട് ഞാനുണ്ട് സുഖമായി ഉറങ്ങുന്ന അവസ്ഥ അവിടെ ശരീരവും ഇല്ല മനസ്സുമില്ല പക്ഷെ സുഷുപ്തിയില് ശരീരമില്ല മനസ്സില്ലെങ്കിലും ഞാനുണ്ട് അപ്പൊ സുഷുപ്തി വസ്ഥയിലും ഉള്ള പദാർത്ഥം അതാണ് എന്റെ ഉണ്ണയായ സ്വരൂപം ജാഗ്രതത്തിലുള്ളതോ സ്വപ്നത്തിലുള്ളതോ എന്റെ ഉണ്ണയായ സ്വരൂപമല്ല സുഷുപ്തിയിലും യാതൊന്നും ഉണ്ടോ അതെന്റെ ഉമ്മയായ സ്വരൂപമാണ് അപ്പൊ ഏതൊരു സത്ത അസ്തിത്വം എക്സിസ്റ്റൻസ് അത് തന്നെയാണ് എപ്പോഴും നമുക്കിപ്പോ എന്തൊക്കെ കോപം വന്നാലും അസൂയ വന്നാലും ദ്വേഷം വന്നാലും എല്ലാം സുഷുപ്തിയിലടങ്ങിപ്പോകും സുഷുപ്തിയിൽ ഈ കോപം കാമം അസൂയ ദ്വേഷം യാതൊന്നും ഇല്ലാതെ ഞാൻ നിൽക്കും അപ്പൊ യഥാർത്ഥമായി എന്നിൽ കാമവുമില്ല കോപവുമില്ല ദ്വേഷവും ഇല്ല യാതൊന്നുമില്ല മനസ്സിലാണോ കൊള്ളത് എന്നിലില്ല ഈ ഒരു യുക്തി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് വികാരങ്ങളും എന്ത് ദൗർബല്യങ്ങളും മനസ്സിലാണോ ഉള്ളത് എന്നിലില്ല കാരണം എന്താ സുഷുപ്തിയിലില്ലല്ലോ സ്വപ്നത്തിലും ജാഗ്രത്തിലും മനസ്സ് പൊന്തുമ്പോൾ ഉണ്ടാകുന്നു അപ്പൊ അവർക്ക് മനസ്സിന്റെയാണ് എന്റെ എല്ലാം അപ്പൊ ഞാൻ അതീവ ശുദ്ധമായ നിർമ്മലമായ വസ്തുവാണ് ഈ തത്വം അറിഞ്ഞിട്ട് മനസ്സിൽ വികാരങ്ങളൊക്കെ വരുമ്പോഴും അറിഞ്ഞുകൊണ്ടാണ് ഇതൊന്നും എന്റെ അല്ല കാണുന്ന പോലെ അവിടെ കാണുന്നു അത്രയേ ഉള്ളൂ ഇതൊന്നും എങ്ങനില്ല വീട്ടിൽ ടി വിയിൽ കാണിക്കുന്നു നമ്മൾ കരുതോ അതേപോലെ ഉള്ളിൽ എന്തൊക്കെയോ കാണുന്നു ഇതൊന്നും എന്റെ അല്ല ഇതൊക്കെ സുശുദ്ധിയിൽ ഇല്ലാതാവുന്ന പദാർത്ഥം കുറച്ചു നേരം മുമ്പ് ഉണ്ടായിരുന്നില്ലേ കുറച്ച് കഴിഞ്ഞാൽ ഉള്ളാവില്ലേ നടുവിൽ എന്തൊക്കെയോ കാണുന്നു കണ്ടോട്ടെ ഇതൊന്നും അല്ല ഞാൻ നിത്യ ശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ആത്മാവാണ് ആകാശം പോലെ നിർബലമായ വസ്തുവാണ് കളങ്ക ലേശസ്പർശമില്ലാത്ത വസ്തുവാണ് സ്വതന്ത്രനാണ് യാതൊരു ബന്ധമില്ലാത്തവനാണ് ഇനി സത്സംഗത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നു കേൾക്കുമ്പോ തന്നെ ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സിദ്ധം മുക്തി സിദ്ധം അത്രയധികം വിശ്വാസമുണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ശ്രുതിവാക്യത്തിന് വിശ്വാസമുണ്ടെങ്കിൽ കേൾക്കുമ്പോ കേൾക്കണ മാത്രത്തിന് സ്വതന്ത്രനായി മുക്തി എവിടെ പോണം സാവാ മുക്തിരിതൃവതി പ്രാർത്ഥനീയം മയാ ശമ്പോ ത്വം പരമാന്തരംഗേ സ്മരാമി അന്വഹം ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു മുക്തിക്ക് അവിടെയും ഇവിടെയും പോകണമെങ്കിൽ ഞാൻ പ്രാർത്ഥന ചെയ്ത് കണ്ടുപോയോ ത്വം പരമാന്തരംഗ എന്റെ പരമാന്തരംഗമായി സിദ്ധമായ വസ്തുവായി പരമേശ്വരൻ നമുക്ക് സിദ്ധം കിട്ടിയിരിക്കും ഇവിടെ തന്നെ ഒരു ദൗർബല്യവും യഥാർത്ഥമായ ആത്മാവിനെ സ്പർശിക്കുന്നില്ല ഒരു കളങ്ങളോട് സ്പർശിക്കും യാതൊരു അശുദ്ധിയെ സ്പർശിക്കും ഈ തത്വം അറിഞ്ഞവന് പ്രാരബ്ധവശാൽ എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും അവനതുകൊണ്ട് ബാധിക്കുകയാണ് ഈ തത്വം ആർക്ക് നല്ല ഉറപ്പോ അസ്പർശയോഗോ വൈനാവ സർവസത്വസുഖാവഹോ ദൗരബാചാര്യ പറയുന്നു സ്പർശഹീനമായ ഈ യോഗം ഈ യോഗത്തിന്റെ രഹസ്യം ആരും നല്ലതെന്ന് അറിഞ്ഞിരിക്കുന്നു അവർ യാതൊന്നുകൊണ്ടും സ്പർശിക്കപ്പെടാതെ നിൽക്കും എന്ത് പ്രവൃത്തി ചെയ്താലും എത്ര വ്യവഹാരം ചെയ്യേണ്ടി യുദ്ധം തന്നെ പ്രാരംഭം കാരണം അത് പോലും യുദ്ധം കൊണ്ടും ബാധിക്കപ്പെടാതെ നിൽക്കുന്നു യത്യേന അഹങ്കൃപ്പോ ബാബോ ബുദ്ധി യത്യേന ലിപ്യത്തെ ഹസ്വാസയുമാർ നോക്കാന്ന് ഹീന നിബദ്ധ്യത്തെ ആചാര്യപാദന് അതിരി കടന്ന് പറഞ്ഞുപോയി ഭഗവാൻ അതിരി കടന്നു പറഞ്ഞുപോയി കൃഷ്ണൻ ഈതേ എന്താ പറഞ്ഞെന്ന് ആർക്ക് ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലയോ ആര് യാതൊന്നും കൊണ്ടും സ്പർശിക്കപ്പെടാതെ ഇരിക്കുന്നു ആ ഒരു യുദ്ധത്തിലുള്ള ഒരു പക്ഷേ ഒരുപാട് പേരെ പൊന്നാൽ നമ്മുടെ മഹർഷി ഉള്ളപ്പോ ഒരാൾ ഒരു ദിവസം വന്ന് മഹർഷിയുടെ മുമ്പില് ഒരുപാട് കരഞ്ഞു നേരം പറഞ്ഞു രണ്ടും മൂന്ന് വെള്ളക്കാരൻ ഞാൻ കൊന്നു ഈ സ്വാതന്ത്ര്യ സമരം യുദ്ധത്തിന് വേണ്ടിയിട്ടേ ഞാൻ പോലീസുകാരെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പക്ഷേ എന്റെ മനസാക്ഷിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭാവത്ത് നിന്ന് രക്ഷ നേടാൻ പറ്റുമോ മഹർഷി പറഞ്ഞു യാൻ കൊന്നു എന്നുള്ളത് ഉപേക്ഷിച്ചാൽ ഈ നിമിഷം നിങ്ങൾ സ്വതന്ത്രനായിരുന്നു ആർക്ക് പറയാൻ കഴിയും കാരണം എന്താ ഹന്തി നീപ് അതുകൊണ്ട് നമുക്ക് തെറ്റിദ്ധാരണ വരും ഇപ്പോ അതെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമോ തോന്നും അങ്ങനെ സംഭവിച്ചില്ല അടുത്ത ക്ഷണം മഹാത്മാക്കളുടെ വാക്ക് അരിച്ചു അദ്ദേഹം അവിടുന്ന് പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷം അറിയപ്പെട്ടു അദ്ദേഹം ശിവാലയത്തിലെ ഋഷീയ വലിയൊരു സാധുവായിട്ട് മഹാതപസ്വിയായിട്ട് ജീവിക്കണമെന്ന് കർതൃത്വം പോയാൽ സ്വതന്ത്രമായി പിന്നെ ഒരു ചീത്ത പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല കർത്തൃത്വം ഇല്ലാതെ എന്തുവേണമെങ്കിലും കാരണം പിന്നെ അവർ വെറും ഇൻസ്ട്രുമെന്റാണ് ഭഗവാന്റെ കയ്യിൽ അവർക്ക് സ്വതന്ത്ര ഇച്ഛ ഉണ്ടാവില്ല സ്വതന്ത്ര ഇക്ഷ പ്രവർത്തിക്കണം യഥേഷ്ടാചരണം ഉണ്ടാവില്ല അപ്പൊ ഈ തന്നെയാണ് മുക്തി ഞാൻ കർത്ത ഞാൻ ഭോക്ത എന്നുള്ള അനുഭവം ഈ ഒരു അജ്ഞാനം ഉള്ളെന്ന് നിങ്ങൾ തന്നെയാണ് മുക്തി ഭഗവാൻ കർത്ത ഭഗവാൻ ഭോക്ത ഞാൻ എനിക്ക് യാതൊരു കസ്തുല്ല ആ ഒരു അനുഭവം വരണമെങ്കിൽ സാക്ഷാത്കാരം വരണമെങ്കിൽ ആത്മവിചാരണം ചെയ്യണം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഈ ദേഹം മാംസമയമായ മനമാംസമയമായ ഈ ശരീരം ഞാനല്ല എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്യണം സമയം പാഴാക്കാതെ വിചാരണം ചെയ്യണം കുറ്റിക്കളാണെങ്കിൽ കുറ്റിക്കാലത്ത് युवाकानी यौवन थ प्रहलादन पर कौवार आचरे प्राप्त धर्मा भागवता है विद्यास्वामी परीरत्व अक्षरप्राव्ये भी अखिलास्वादवांयारस्कृत्य अखिलाक्षा तचितायां प्रवर्तन अनेक आचार्यु वाधके योगेन अंत्य वार्धक्य भगवद्च ഇത് ബാലയത്തിലും ഇലിയ കൗമാരത്തിലൂലിയ വാർദ്ധകൃത്തിലൂലിയ എന്ത് ചെയ്യാം കാര്യം സങ്കാച സ്വാമി കാര്യം ബാലസ്താവണീസ ബാല തരുണസ്താവണീസക്ത വൃദ്ധസ്താവസക് പരമേ ബ്രഹ്മി കോപ്പിനാവ ക്രീഡാസക്ത കുച്ചുകുട്ടിയായിരിക്കുമ്പോഴോ ബാല്യകാലം നമുക്ക് നൂറ് വർഷം അതിലൊരു ഏകദേശം ഒരു അമ്പത് വർഷം ഉറങ്ങിട്ട് പോകും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഒമ്പത് പത്ത് മണിക്കൂർ ഉറങ്ങി വെച്ചോളൂ പിന്നെ പഴയ സമയത്ത് പകുതി കുറച്ച് തന്നെ അതൊരു ഉറക്കം തന്നെയാണ് അതിൽ കുറെ ഉറങ്ങിയിട്ട് പോയി അമ്പത് വർഷം വേണ്ട ഒരു മുപ്പത് വർഷമോ ഉറങ്ങിപ്പോയി അതില് കുട്ടിക്കാലത്തൊക്കെ ഇരുപത് മണിക്കൂർ ഉറക്കമാണ് ചെറിയ കുട്ടികൾക്ക് ഒരു വയസ്സ് വേണ്ട ധാരാളം പറഞ്ഞു അപ്പൊ കുറെ ഉറങ്ങിപ്പോകും പിന്നെ ഒരു കളിക്കണ പ്രായം വന്നാൽ കളിയിലും പായിച്ചു പോവും പിന്നെ യൗവനത്തിലോ ജോലി ചെയ്തിട്ട് സമ്പാദിക്കാനുള്ള ഓട്ടത്തിലും വാങ്ങിച്ചിട്ടുണ്ട് വാർദ്ധക്യത്തിലോ കഴിഞ്ഞുപോയതൊക്കെ ചിന്തിച്ചിട്ട് ആയിട്ടുണ്ട് ഒരു പ്രയോജനമില്ലാത്ത എന്താണ് അന്നേ ആ ഓഫീസിൽ ഞാൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ഫയലും മൂവ് ആവില്ല ജോലി വാങ്ങിച്ചു കൊടുത്തത് വയസ്സുകാർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല ഓയോ മേത്ര ആദോ കർമ്മസംഗാ കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിമൂത്ര അമേയ കുഥയതി നിതരാം ജാധരോ ജാതവേദ യദ് ദുഃഖം വ്യഥയ നിതരാം ശക്േ കെയ ഭവ്യോ മേ അപരാധാ ശിവശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭു ആദൗ കർമ്മപ്രസംഗാത് പൂർവകർമ്മ പ്രാരബ്ധം ആദ്യം തന്നെ ചെയ്യാത്ത ഒരു ചേച്ചി എല്ലാവരും ചെറിയ കുട്ടി എന്ത് തെറ്റ് ചെയ്തു ജനിച്ചു തന്നെ പത്താമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ കൃഷ്ണലീലകൾ പറയുന്ന സന്ദർഭത്തിൽ വെണ്ണ കിടക്കാൻ പോയ വീട്ടിൽ വെണ്ണ കിട്ടിയിലാകുന്ന കൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെന്ന് ഉള്ളിക്കുട്ടി കൊത്താണ് കൃഷ്ണൻ അപ്പൊ എല്ലാവരും എങ്ങനെ ഈ കൊച്ചുകുട്ടിയെ കൃഷ്ണൻ എന്നുള്ളത് അതിങ്ങനെ നിലവിളിക്കണം എന്താ ലീലയുടെ അർത്ഥം കാരണാർത്ഥനെ കൊണ്ട് പറഞ്ഞതാണ് ഇനി എനിക്കത് അപ്പോ ആദവും കരണം പ്രസംഗാതി എന്തൊക്കെ ബാണ്ടർ കൊണ്ടുവന്നിട്ടുണ്ടോ ആരും കണ്ടു അല്ലേ കുട്ടിയും ഒക്കെ കണ്ടാ ഒരേ കുട്ടിയും നന്നായിരിക്കും ഏത് കുട്ടിയാ നന്നായി കഴിയാത്തത് എല്ലാ കുട്ടികൾക്കും ചന്തമുണ്ട് അത് വെളിച്ചമാവേ വളർന്ന് വളർന്ന് വളർന്ന് വരുമ്പോ കാണാം എന്തൊക്കെ ബാണ്ടത്തിൽ ഉണ്ടെന്ന് ഓരോന്നായി എടുത്തോ ഇതൊക്കെ ഉണ്ടായിരുന്നുവോ എത്ര ഭാവമായിരുന്നു കണ്ടപ്പോ അപ്പോ ഗർഭപാത്രത്തിൽ വന്നു യൗവനമാകുന്ന വൃക്ഷത്തിന് കുഠാരം വെച്ചു എന്ന് ഭരതനഹാരി പറഞ്ഞത് അമ്മയുടെ യൗവനത്തിന് കോടാലി വെച്ചു അതേ പ്രയോജനം ഉണ്ടായുള്ളൂന്ന് അമ്മയുടെ ഗർഭത്തിന് പറഞ്ഞ് അമ്മയ്ക്ക് കൊറേ വിഷമം കൊടുത്തു അവരുടെ യൗവനത്തിനും കുഠാരം വെച്ചു ആ ഗർഭപാത്രത്തിൽ എന്തൊക്കെ വിഷമം അനുഭവിച്ചു ആരൊക്കെ എന്ത് കണ്ടു അല്ലേ ആ കുട്ടി അവിടെ കിടന്ന് മലമൂത്രം കണ്ട നടുവിൽ അമ്മ എന്തൊക്കെ കഴിച്ചു കടുക് മാങ്ങം കഴിച്ചാൽ ചൂട് കാപ്പ് കുടിച്ചാൽ അതിന് ചുപ്പുള്ള എല്ലാം കുട്ടിയാണ് ബാധിക്കുന്നത് സഖ്യതേ കേന ഭക്തും ആചാര്യസ് ആര് പറയുന്നു അവിടെ ആര് റിപ്പോർട്ടിയും ചന്ദ്രിയോടെ അപരാധന എന്നാൽ അവിടെ എവിടെയെങ്കിലും ഭഗവത് വിചാരി എന്ത് ഉറക്കം തന്നെ ഉറക്കം തന്നെ ഉറക്കം ജനിച്ചു കഴിഞ്ഞാലോ പഴയ ദിവസത്തേക്ക് ഇരുപത് മണിക്കൂർ ഉറക്കം ജനിച്ചോടനെ കുട്ടി എന്ത് ചെയ്യും ആദ്യത്തെ പ്രവൃത്തി എന്താ ക്വാ ക്വാ ക്വാ കരയില്ലേ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിലോ ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യും കുട്ടി കരഞ്ഞാൽ എന്തൊരു സങ്കടം ചപ്പറേറ്റ് കൊടുക്ക തൊട്ട് തുടങ്ങി ലോകത്തിന്റെ സ്വഭാവം നമ്മൾ കരഞ്ഞാൽ അവര് ചിരിക്കും അവര് നമ്മൾ ചിരിച്ചാൽ അവർ കരയി പുറമേക്ക് വേണമെങ്കിൽ കരയില്ലായിരിക്കും അവരെ നോക്ക് എന്ത് സന്തോഷമായിട്ട് എനിക്ക് തോന്നും ആ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെ ആയി പോയതോ കണ്ട വയ്യാന്ന് അപ്പോ ജനിച്ച മൊമെന്റ് മുതൽ തുടങ്ങിയതാണ് കുട്ടി കരഞ്ഞ ചോക്ലേറ്റ് പഞ്ചസാര കൊടുക്കും എല്ലാവർക്കും കഴിഞ്ഞു കുട്ടി തിരിച്ചുകൊണ്ട് ഇതുവരെ തന്നെ കുട്ടികൾ ജനിച്ചതായിട്ട് കേട്ടിട്ട് ആ അപൂർവ മഹാത്മാക്കളുടെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജനിച്ചത്